സത്യനിഷേധികൾ നിങ്ങളെ തടവിലാക്കാനോ കൊല്ലാനോ നാടുകടത്താനോ വേണ്ടി നിങ്ങൾക്ക് കർശീ തന്ത്രം മെനഞ്ഞ സന്ദർഭം ഓർക്കുക അവർ തന്ത്രം മെനയുന്നു അള്ളാഹുസുബഹാനുഹൂവത്ത ആലയും തന്ത്രം മെനയുന്നു തന്ത്രങ്ങൾ മെനയുന്നവരിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹുസുബഹാനുഹൂവത്ത ആല ആകുന്നു